പറയുക രണ്ട് നല്ല കാര്യങ്ങളിൽ ഒന്നൊഴികെ മറ്റെന്താണ് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് അള്ളാഹുസുബാനുഹുഅാല അവന്റെ പക്കൽ നിന്നുള്ള ശിക്ഷയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകളാലുള്ള ശിക്ഷയോ നിങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനാൽ നിങ്ങൾ കാത്തിരിക്കുക തീർച്ചയായും ഞങ്ങൾ നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നു